We are ക്ഷേന്ന് പറയുന്നതിനെല്ലാം കർമ്മങ്ങളെ കുറിച്ച് പറയുകയും പൊതുവേ ഇതിന്റെ എല്ലാം ലക്ഷ്യത്തിൽ ഉണ്ടാക്കും അംഗര ഭാഷത്തിൽ കാണാത്ത ചില കാര്യങ്ങളും രാമായണ ഭാഷത്തിലുണ്ട് ഇഹയുടെ അർത്ഥം ഇഹ ശാസ്ത്രീയ സർവസ്വിൻ കർമ്മ വേദത്തിൽ വിരിച്ചിരിക്കുന്ന സർവകർമ്മങ്ങൾ അതിനേണ്ട പറയുന്നത് എന്താ ലൗകികമായ കർമ്മങ്ങളല്ല എന്നിട്ട് പ്രത്യേകിച്ച് വിധിയൊന്നും കൂടാതെ നമ്മൾ സാന്നിധ്യ കർമ്മം അതിന ശാസ്ത്രങ്ങൾ ലഭിച്ചിരിക്കും ശ്രൗത സ്മാർത്തകർമ്മ അതിനും അങ്ങനെയുള്ള സർവകർമ്മങ്ങളിലും വ്യവസായാത്മിക ബുദ്ധിരേഖ ാത്മക നിശ്ചയമായി എല്ലാവരും അങ്ങനെ അർത്ഥം പറയുന്നു വ്യവസായമ ആ ബുദ്ധിമുട്ട സർവകർമ്മങ്ങളും മുമ്പുക്ഷണ നഷ്ടയെ കർമ്മണിയും ബുദ്ധരും വ്യവസായാത്മക ബുദ്ധി മുമ്പൂക്ഷം അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങൾ എന്നുള്ള ഇവരുടെ കർമ്മയോഗത്തേ ആ കർമ്മയോഗത്തിൽ ഉള്ള ബോധം അറിവ് അതിനാണ്ട് വ്യവസായാത്മിതാ ബുദ്ധി എന്ന് വ്യവസായ നിശ്ചയ വ്യവസായത്തില്ലായിട്ടും പാഹിബുദ്ധി ആത്മയാഥാത്മ്യ നിശ്ചയപ്പെടുത്താം കർമ്മ യോഗിയുടെ ആ ബോധം എന്ന് പറയുന്നത് അവിടെ ഏറ്റവും പ്രധാനമായിരിക്കുന്നത് ആത്മാവിനെ കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം ആത്മയാഥാത്മ്യം ആത്മാവിനെ സംബന്ധിച്ചുള്ള യഥാർത്ഥ നിശ്ചയം അങ്ങനെയുള്ള നിശ്ചയ പൂർവിക്കുക ആ നിശ്ചയത്തോടുകൂടിയുള്ള കർമാനുഷ്ഠാനം അതാണ് കർമ്മയോഗത്തിന്റെ സവിശേഷത മറ്റ് കർമാനുഷ്ഠാനങ്ങളിൽ നിന്നുള്ള പ്രത്യേകത കാമ്യകർമ്മ വിഷയാനുബുദ്ധി അംവ്യവസായ കാമ്യകർമ്മങ്ങളെ സംബന്ധിച്ചുള്ള കാലങ്ങൾ നിശ്ചയരൂപത്തിലുള്ള കാമ്യകർമ്മ വിഷയാബുദ്ധി അംവ്യവസായ അതിനെക്കുറിച്ച് വിശദീകരിക്കും പറയുന്ന പോലെ കാമ്യകർമ്മത്തെ ഉപേക്ഷിക്കണം എന്നോട് പറയുന്നില്ല കാമ്യകർമ്മം എന്ന് പറയുമ്പോൾ ജ്യോതിഷ്ടം പോലെയുള്ള വേദത്തിൽ വിധിച്ചിരിക്കുന്ന കാമ്യകർമ്മങ്ങളാണ് കാമനിയോടും കൂടി ചെയ്യുന്ന കർമ്മം സർഗാദി ഫലങ്ങളെ ഉദ്ദേശി ചെയ്യുന്ന കർമ്മം അതാണ് കാമ്യകർമ്മം അതിനെ സംബന്ധിച്ചുള്ള ബോധം അം വ്യവസായ നിക നിശ്ചയൂപത്തിലൂടെ തത്രഹി കാമാധികാര ദേഹാതിരീത്ത ആത്മാസ്തിത്വ ജ്ഞാനം മാത്രം തിരിച്ചു അതിൻ്റെ ജ്യോതിഷ്കമം പോലെയുള്ള കർമ്മങ്ങൾ സ്വർഗം പോലെയുള്ള ഫലങ്ങൾക്ക് വേണ്ടി ലൗകികമായ ഫലങ്ങൾക്ക് വേണ്ടി കർമ്മം ചെയ്യുമ്പോൾ അവിടെ ദേഹാതിരിക്ത ആത്മാസ്തിത്വജ്ഞാനം മാത്രം വേഷം ദേഹത്തിൽ നിന്നും വ്യതിരിക്തമായി ഒരാത്മാവ് ദേഹത്തിൽ നിന്നും ഭിന്നമായ ഒരാത്മാവുമുണ്ട് എന്നറിഞ്ഞാണ് ആത്മസ്വരൂപ യാഥാർത്ഥ്യം ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപം എന്നാണെന്നറിയേണ്ട കാര്യങ്ങൾ ഇവിടെ ആത്മജ്ഞാനത്തെ രണ്ടു തരത്തിൽ പറയും ഇങ്ങനെ വിശദീകരിച്ച് ചന്ദ്രചാര്യ പറയുന്നു ഒന്ന് ശരീരത്തിൽ നിന്നും വേറിട്ടൊരാത്മാവ് ഉണ്ടെന്നറിയില്ല അപ്പൊ സ്വർഗത്തെ ദ്ദേശിച്ച് കർമ്മം ചെയ്യുന്ന അങ്ങനെ ഒരാത്മാവുണ്ട് പറഞ്ഞാണ് ആത്മാവിന്റെ യഥാർത്ഥമായ സ്വരൂപം എന്താണ് അതറിയേണ്ട ആവശ്യമില്ല അത് ഇപ്പോൾ പറഞ്ഞാണ് ആത്മ സ്വരൂപ യാഥാർത്ഥ്യം ഛാത്ര വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട് നിത്യത്വ സ്വയം പ്രകാശത്വ ആനന്ദത്വ ഭഗവത്പ്രകാരത്വ സ്വാഭാവിക അപകടപാത്മത്വാദി ത്മാവിന്റെ യഥാർത്ഥർഗം പോലെയുള്ള ഫലത്തെ ഉദ്ദേശിച്ച് കർമ്മം ചെയ്യുന്നതിന് ഇങ്ങനെ ഒരു ആത്മാവിന്റെ ജ്ഞാനത്തിന്റെ ആവശ്യം കേവലം ഒരാത്മാവുണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതി ശരീരം നിസ്സാരം നിൽക്കുന്ന ആത്മാവ് ഇവിടെ ഇതിന്റെ പ്രത്യേകത എന്താണ് ആത്മാവ് നിത്യമായി സ്വയം പ്രകാശമായിരിക്കണം ആനന്ദരൂപത്തിലായിരിക്കണം ഭഗവത് പ്രകാരത്വം ശ്രീമന്ത് നാരായണന്റെ ശരീരമായിരിക്കണം സ്വാഭാവികമായി തന്നെ അപ്പകത്താത്മത്വ അപ്പകത്ത പാത്മാജലം അമൃത്യു ഇങ്ങനെയുള്ള വിശേഷതകളായിരുന്നു അപ്പാപുണ്ടായിരുന്നേ പാടില്ല ജരാദികളൊന്നും ബാധിക്കാൻ പാടില്ല മൃത്യു സംഭവിക്കാത്ത സംഭവിക്കരുത് ഇങ്ങനെയുള്ള ആത്മാവിനെ കുറിച്ചുള്ള ഈ ഞാനും ഇതാണ് യഥാർത്ഥ ഞാനാണെന്നു പറയുന്നത് ബ്രഹ്മാനുചാചാര്യഭിപ്രായം കർമ്മം ചെയ്യുന്നവരാണ് ഇങ്ങനെ ഒരറിവിന്റെ ആവശ്യമുണ്ട് ഇവിടെ പറയുന്നു കാമാധികാരി കാമാധികാരം കാമം കൊണ്ട് ആഗ്രഹം കൊണ്ട് ചെയ്യുന്ന ധർമ്മം ആണ് കാമ്യധർമ്മം പറയുന്നു കാമാധിക കാമ്യമം എന്ന് പറയാം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്ന ശാസ്ത്രം എന്നുള്ളവിടെ അർത്ഥം പറയും അധികാര പരസ് ഇപ്പോഴിത് ആവർത്തിക്കുന്ന ഒരു ശബ്ദമാണ് എന്താണ് ഈ അധികാരം ഒരാൾക്ക് അധികാരം ഉണ്ടെന്ന് പറയുന്നു അതോടെ വ്യഖ്യാനിക്കുന്നു മത് അഭിലഷിത സാധനത്വ അതർത്ഥം ഇതാണ് മിക്ക അഭിമാനം അതാണ് അധികാരം ഒരു നിർവേചനം കൊടുത്തിരിക്കുന്നത് വൈദികമായ കർമ്മങ്ങളിലൊക്കെ അധികാരം വന്നിരിക്കുന്നത് എന്താണ് അധികാരം മതഅഭിലിത സാധനത്വ ഞാൻ ഇഷ്ടപ്പെട്ട സ്വർഗ്ഗം പോലെയുള്ള കാര്യങ്ങൾ അതിന്റെ സാധനമാണ് എന്തു ഉപായം അതിനെ പ്രാപിക്കുന്നതിനുള്ള ഉപകരണമാണ് എൻ്റെ അതുകൊണ്ട് യാഗം സ്വർഗത്തിന് സാധനമാണ് അതുകൊണ്ട് എനിക്കിഷ്ടമുള്ളതുമാണ് മതർത്ഥം ഇതം കർമ്മം അതുകൊണ്ട് ഈ കർമ്മം എനിക്ക് വേണ്ടിയാണ് എന്നുള്ള അഭിമാനം അതാണ് അതൊക്കെ കർമ്മം എനിക്ക് വേണ്ടിയാണെന്നൊരാൾ അഭിമാനം എന്നിട്ടാണ് കർമ്മം ചെയ്തത് അപ്പൊ അയാൾ ആ അപ്പൊ അങ്ങനെ കാമന കൊണ്ട് അധികാരമുള്ളവ സ്വർഗത്തിനോട് മറ്റും ആഗ്രഹമുള്ളത് കൊണ്ട് അതിനധികാരിയായിട്ടുള്ള കർമ്മം ചെയ്യുന്നവർ വൈദികൻ വൈദികനെ കുറിച്ചാണ് പറയുന്നത് അവനെ സംബന്ധിച്ച് ദേഹത്തിൽ നിന്നും വേറിട്ടൊരാത്മാവുണ്ട് എന്നുള്ള ആർവം മാത്രമാണ് അല്ലാതെ ആത്മാവ് എന്താണെന്ന് അവൻ അതിനെ ശരിക്കറിയണമെന്നില്ല ഇതുകൊണ്ട് നമ്മുടെ ഉള്ള വ്യത്യാസവും ചർച്ചകൾ ദേഹത്തിൽ നിന്ന് വേറിട്ടൊരാത്മാവുണ്ട് ദേഹത്തിൽ നിന്ന് വേറിട്ട് ഒരാത്മാവ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടാവും ദേഹത്തിൽ നിന്ന് വേറിട്ട് എന്തോന്നുണ്ട് അതാണ് ആത്മാവ് അങ്ങനെയാണ് മരിച്ചാലും മരിക്കാതെ ദേഹത്തിൽ നിന്ന് വേറിട്ടൊന്നുമുണ്ട് അങ്ങനെ ആത്മാവെന്ന് പറയും കർമ്മങ്ങളെക്കുറിച്ചും ഇങ്ങനെ ഒരു ആത്മാവിനെ കുറിച്ചും ഒക്കെ പറഞ്ഞിരിക്കുന്നത് വേദത്തിൽ നിന്നും കർമ്മത്തെക്കുറിച്ചും കർമ്മഫലത്തെക്കുറിച്ചും ആത്മാവിനെക്കുറിച്ചും കർമ്മം കുറിച്ചൊരു യാഗവും മറ്റുമാണ് അറിഞ്ഞിട്ടാണ് ഒരാളിൽ പ്രവർത്തിക്കുന്നത് ൊരു ആത്മാവിനെ കുറിച്ച് എങ്ങനെ മനസ്സിലാകുന്ന ഒരാൾ ആത്മശബ്ദം അവിടെ പ്രയോഗിച്ചിട്ടുണ്ട് ആത്മശബ്ദം എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ശബ്ദം കൊണ്ട് മാത്രം ദേഹത്തിൽ നിന്ന് വേറിട്ടൊരാത്മാവും തീരുമാനിക്കാൻ പറ്റില്ല കാരണം ആത്മശബ്ദം സ്വശബ്ദത്തിന്റെ പര്യായമായി ഞാൻ ദേഹം എന്നുള്ള അർത്ഥത്തിൽ വീടി മനസ്സെന്നുള്ള അർത്ഥത്തിൽ പല അർത്ഥത്തിൽ കൈ അപ്പോൾ ഒരു വാക്ക് വേദത്തിൽ വന്നു എന്നുള്ളതുകൊണ്ട് മനസ്സിന് പറ്റുന്നു ഇത് പറയുന്നത് പൂർവകാന്ഡത്തെ സംബന്ധിച്ചാണ് ഉപനിഷത്തുകളിലൊക്കെ വരുമ്പോൾ ആത്മാകളെ കൂടുതൽ വിശദീകരിക്കുന്നുണ്ട് കർമ്മകാണ്ഡത്തിൽ അതുകൊണ്ടാണ് അതിനെ കുറിച്ചാണ് കൂടെ പറയുന്നത് ഉപനിഷാണ്ഡം എന്ന് പറയുമ്പോൾ അത് പിൽക്കാലത്ത് ഒരുപാട് പേരുടെ ചിന്തകളൊക്കെ വന്നിട്ടുള്ളവർ ആത്മാവിനെ കുറിച്ച് കൂടുതൽ ചിന്തിച്ച് മനസ്സിലാക്കി പക്ഷെ കുറവണ്ഡത്തിൽ വരുമ്പോൾ അത് കൈകാര്യം ചെയ്തവനാണ് വൈദികൻ എന്ന് പറയുന്നത് വേദത്തിൽ കുറഞ്ഞ കർമ്മങ്ങൾ ചെയ്യുന്നത് അവരെ സംബന്ധിച്ച് ആത്മാവിനെ അവരെങ്ങനെ മനസ്സിലാക്കും അക്കാര്യമാണ് ഇവിടെ പറയുന്നത് അവിടെ നിന്നാണ് ഈ ആത്മ എന്നുള്ളൊരാശയം തന്നെ വരും ശരീരം നശിച്ചാലും നശിക്കാത്ത ഒന്ന് ശരീരം നശിച്ചാലും നശിക്കാത്ത ഒന്നും എന്നെല്ലാം പറയുമ്പോൾ എന്താണ് ഒരുപാട് ഉപനിഷത്വം എന്ന് ഒരുപാട് വിശദീകരണങ്ങളാണ് അടഹം ബ്രഹ്മ തത്വം അയമാത്മാ ബ്രഹ്മ ഒരുപാട് വിശദീകരണങ്ങൾ ഉപനിഷത്ത് കർമ്മകണ്ഡത്തിലല്ലോ അവിടെ നിന്ന് ആത്മാവിനെ നിർണയിച്ചതിന് ശേഷമാണ് പിന്നെ ഇങ്ങോട്ട് വന്നതിനെ വേക്കേണ്ടത് അവിടെ ആത്മാവിനെ നിശ്ചയിക്കുന്നത് ആത്മശബ്ദം വന്നു അത് നിശ്ചയിക്കുന്നത് കേവലം യുക്തി കൊണ്ടാണ് അങ്ങനെ മരണശേഷം കർമ്മങ്ങൾക്ക് ഫലമുണ്ടാവുന്നുണ്ട് ആ ഫലത്തെ അനുഭവിക്കാൻ ഒരാത്മാവുണ്ടായേക്കപ്പെട്ടു അങ്ങനെ യുക്തിയിലൂടെയാണ് അവർ കണ്ടെത്തുന്ന ആത്മാ പിന്നീടാണ് അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ അത് അനുഭവമാണല്ലോ അതിൻ്റെ താത്വിക വ്യാഖ്യാനങ്ങളൊക്കെ വരുന്നു രണ്ടാരി ഒന്ന് അപൂർവം മറ്റൊന്ന് ഈ പറയുന്ന ആത്മാവ് ഈ രണ്ട് കാര്യങ്ങളും ഇതിനെ രണ്ടിനെയും ആശ്രയിച്ചു വരുന്ന് പുനർജലം എല്ലാം ഇതെല്ലാം ശ്രദ്ധിക്കുന്നത് യുക്തിയിലൂടെയുള്ള വിചാരത്തിലുണ്ട് യുക്തി വിചാരത്തിലുണ്ട് അർത്ഥാപത്യ പോലെയുള്ള അയോക്തി അപ്പം അവിടെ ആത്മാവ് ഉണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതി ഉത്തരകണ്ഡത്തിലെങ്കിലൊന്നൊക്കെ എന്ത് ചെയ്തു ആത്മാവന്താണ് പിന്നെ അവിടെ ചിന്ത എന്ന് പറയുന്നത് കേവലം കർമ്മത്തിന് വേണ്ടിയുള്ള ചിന്തയല്ല താത്വിക ചിന്തയാണ് അവിടെ അതാണ് ആത്മസ്വരൂപ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ദേഹാതിരിക്ത ആത്മാ അസ്തിത്വജ്ഞാനം മാത്രം കർമ്മകണ്ഡത്തിൽ എന്താ വിശ്വസിക്കും ആത്മാവ് ഉണ്ടാകണം എന്നത് കർമ്മം ചെയ്തിട്ട് കഴിയും അത് വ്യക്തത പറയും ദേഹ അതിരിക്ത ആത്മശത്യനോ കാരണം എങ്ങനെയാണ് ഈ ആത്മാവ് എന്ന് പറയുന്നു ആശയത്തിലേക്ക് ഈ പ്രാചീന മനുഷ്യരെ എത്തിച്ചേർന്നു എന്നുള്ളതെന്ന് അറിഞ്ഞില്ല ഈ പ്രചാരത്തിലിരിക്കുന്ന അർത്ഥം പറയുന്നു പിൽക്കാലത്ത് നിൽക്കുന്ന വ്യാഖ്യാനങ്ങൾ അവിടുത്തെ ഒരുപാട് വ്യാഖ്യാനങ്ങളൊന്നും പരസ്പര വിരുദ്ധമാണ് അതിനെക്കുറിച്ചാണ് മനുഷ്യൻ ബോധമുള്ളത് ഓരോ പക്ഷത്തിൽ ഓരോരുത്തരെ പിടിക്കുന്നത് എന്റെ പക്ഷത്തിലിതാണ് ആത്മാവ് വേറെ ആൾ പറയുകയോ എന്റെ പക്ഷത്തിലാണ് ആത്മാ തത്ത് ചിന്ത വരുമ്പോൾ എന്താണ് ആത്മാവിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണ് ചിന്ത വരുമ്പോൾ ചിന്തയിലൂടെ നിർണ്ണയിക്കാൻ ചിന്തകന്മാർ അഭിപ്രായത്തിനുസരിച്ച് പൂർവാണ്ടത്തിൻ്റെ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് അവിടെ ഒരേ ഒരു അഭിപ്രായം എന്തുകൊണ്ട് അവരെ സംബന്ധിച്ച് ഇത്രയും അറിഞ്ഞാൽ ശരീരം നശിക്കാ നശിക്കാത്ത ഒരാത്മാവ് ഇത്രയും കൂടുതലാനും കൂടെ ചിന്തിക്കേണ്ട ആവശ്യം പൂർവ്വവിമാംസേനെ ചിന്തിക്കാതിരുന്നിട്ടില്ല പക്ഷെ ാലത്ത് വന്നതുപോലെ വളരെ ദഹനമായ ചിന്തകളൊന്നും അന്ന് ഉണ്ടായിരുന്നു ആദ്യകാലം പ്രത്യേകിച്ചും കർമ്മകാന്ഡത്ത് പിന്നെ കർമ്മകാണ്ഡത്തിൽ തന്നെ ജൈവിനി അത് കഴിഞ്ഞൊക്കെ വന്നവർ കുറച്ചുകൂടെ ചിന്തിച്ചു കർമ്മകാണ്ഡത്തിൽ തന്നെയുള്ള കുമാരല്ല ഭട്ടനും പ്രഭാകര അങ്ങനെയുള്ളവർ പുറത്തുക കുറച്ചുകൂടി അവർക്ക് ചിന്തിക്കേണ്ടി വരും കാരണം അതും ഒരു വിഷയമായി ആത്മാശരീരത്തിൽ നിന്ന് വേറിട്ടൊരാത്മാവ് എന്ന് പറയുമ്പോൾ അതെന്താണെന്നുള്ളത് കുറച്ചുകൂടി അവരൊക്കെ ചിന്തിച്ചു പക്ഷെ കർമ്മകാണ്ഡത്തിൽ നിന്നുള്ള വൈദിക പക്ഷത്തു നിന്ന് ചിന്തിക്കുമ്പോൾ ഇവിടെ പറയുന്നതാണ് ആ ഏറ്റവും പ്രാചീനമായ കാഴ്ചപ്പാടിനെ കുറിച്ചാണ് ഇവിടെ ആത്മാവുന്നൊന്നുണ്ട് ശരീരത്തിൽ നിന്ന് വേറെയാണ് ഈ ഒരു അറിവ് മാത്രമോ ഇതുകൊണ്ടാണ് ഇവർ കർമ്മങ്ങളാക്കി ചെയ്തത് ഇതാണ് ഏറ്റവും പ്രാചീനമായ മനുഷ്യന്റെ ചിന്ത വൈദിക ചിന്തകളാണ് പിന്നെ എന്തെല്ലാം എന്തെല്ലാം ആത്മാവെക്കുറിച്ച് ചിന്തിച്ച് എത്രയോ പേര് ആത്മാവിനെ സാക്ഷാത്കരിച്ച് എത്രയോ ആത്മജ്ഞാനികളുണ്ടായി പല തരത്തിലുള്ള ആത്മജ്ഞാനങ്ങൾ ഇതൊന്നും പണ്ടില്ല ഈ ഒരു അറിവ് ശരീരത്തിൽ നിന്ന് വേട്ടൊരാത്മാവുണ്ട് അതുകൊണ്ട് ഒരു തൃപ്തര കാര്യമാണ് അനുസരിക്കുന്നത് ദേഹാതിരി ആത്മശ്വണ് ദേഹാന്തര പരിഗ്രഹാർത്ഥ സ്ഥിരത്വം ഇപ്പൊ ദേഹാന്തര പരിഗ്രഹം എന്ന് പറഞ്ഞാൽ മരിക്കുമ്പോൾ ആത്മാവല്ലേ ഈ ആത്മാവിന് സ്വർഗ്ഗത്വവും അവിടെ ചെന്നിട്ട് അവിടുത്തെ സുഖങ്ങളെല്ലാം അനുഭവിക്കുന്നു അതിനുവേണ്ടിയിട്ട് പറ്റിയ ഒരു ശരീരം അവിടെ ചെന്ന് സ്വീകരിക്കുന്നു അതാണ് ദേഹാനന്തര പരിഗ്രഹവും പിന്നെ ഇവിടെ തന്നെ തിരിച്ചു വരിക പുനർജന്മം അതൊന്നും ഒരു മുഖ്യ വിഷയാണ് പൈരീകരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിന്ന് പോവുക സ്വകത്ത് പോയി അവിടെയിരുന്നു സുഖങ്ങളൊക്കെ അനുഭവിക്കുക തിരിച്ചു വരുന്നവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഈ പ്രവൃത്തിയൊക്കെ ചെയ്തിട്ട് അവിടെ പോയിട്ട് ഞാനത് തിരിച്ചു പറഞ്ഞു ഉപനിഷത്തുകള ഗൗരവം പറയും ക്ഷീണെ പുണ്യേ മറുത്ത് ലോകം വിശന്ധി അതൊന്നും അവർക്ക് താല്പര്യമുള്ള കാര്യമില്ല സ്വർഗത്തെയാണ് സ്വർഗത്തിനാണ് അവർ അമൃതത്വം കൊണ്ട് സ്വർഗ്ഗമാണ് അവർ നിത്യമായി കണ്ടത് കർമ്മങ്ങൾ ചെയ്യുക മരിക്കുക സ്വർഗത്ത് പോവുക അവിടെ നിത്യമായിരിക്കും നിത്യസുഖനുണ്ട് അതെ നശിച്ച് തിരിച്ച് ഈ ഭൂമിയിലേക്ക് വരുമെങ്കിൽ കഷ്ടപ്പെട്ട് ഈ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടെന്താകും വീണ്ടും തിരിച്ചു വരെയാണ് പിൽക്കാലത്ത് ആൾക്കാർ പറഞ്ഞതുപോലെ അവരതൊന്നും അംഗീകരിക്കാൻ തയ്യാറെ അതുകൊണ്ട് അവർ ചെന്നിച്ച് ഇത്രേ ഉള്ളൂ എന്താണ് ദേഹാന്തരം പരിഗ്രഹാർത്ഥ സ്ഥിരത്വം സ്ഥിരമായി ഒന്ന് വേണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ മറ്റൊരു ദേഹത്തെ സ്വീകരിച്ച് അവിടെ ഇരുന്ന് സുഖഭോഗങ്ങളൊക്കെ അനുഭവിക്കാൻ അത്രയവർ ദേഹ അതിരിതാത്മാ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചു അതിനെന്തെല്ലാം ദേഹത്തിൽ നിന്ന് വേറിട്ടൊരാത്മാ എന്ന് പറയുമ്പോൾ ദേഹം നിസ്സിംബാദ നിശ്ചയം ദേഹമല്ല ഞാൻ എന്ന് പറയാറുണ്ട് ദേഹമല്ല ശരി ദേഹമല്ലാത്ത എന്തായാലും ശരി ദേഹം നിസ്സിമ്പോൾ നിശ്ചയം ഉണ്ട് അതുപോലെ അതിനടുത്ത് പറയുന്നത് അന്യഥ അതിരിക്ത മാത്രം നല്ല ഈ ദേഹവ്യതിരിക്തമായ ഒരു ആത്മാവ് ദേഹത്തിൽ നിന്ന് ഭിന്നമായ ആത്മാവ് ഇത് തീരുമാനിച്ച പോലെ ദേഹ സമകാല നാശത്വ പ്രമേഹിന്ന് പറഞ്ഞാൽ ദേഹം നശിമ്പത് നശിച്ചത് പാരലോകികർമ്മ അനുഷ്ട്ര പരലോകത്തിനു വേണ്ടിയിട്ട് ഇവിടെ ജ്യോതിഷവും പോലെയുള്ള കാമ്യകർമ്മങ്ങൾ ആരും ചെയ്യത്തില്ല അപ്പോൾ വൈദികന്മാർ വൈദികന്മാർ മാത്രമല്ല മറ്റു മതവിശ്വാസികളും എല്ലാവരും ഈ പരലോകത്തെ കുറിച്ച് പറയുന്ന എല്ലാവർക്കും ഉണ്ടല്ലോ സ്വർഗം അവിടെ ചെന്നാൽ വളരെ സുഖമാണെന്ന് പറയുന്നവരെല്ലാം ശരീരത്തിൽ നിന്ന് വേറെ ഒക്കെ എങ്ങനെ സ്വീകരിക്കുന്നു നിത്യമായിരിക്കണമെന്നാണ് അവരവകാശപ്പെടുന്ന അത് ആ ലോകത്ത് പോയിട്ട് സുഖങ്ങളൊക്കെ അനുഭവിക്കുന്നു അതുകൊണ്ട് ആത്മാവുണ്ടെന്ന് അംഗീകരിച്ചാൽ പോരാ മറിച്ച് ആത്മാവ് ശരീരം നശി നശിക്കാനും പറയും ഇന്ത്യനൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് മൊത്തത്തില് ആത്മാവിന്റെ അസ്തിത്വം ആത്മാവിന്റെ പരലോകയാത്ര ആത്മാവിന്റെ പരലോകാനുഭവം ഇതെല്ലാം ഇവിടെ യുക്തിയിലൂടെ ശ്രദ്ധിച്ചെടുക്കുന്ന കാര്യം കേവലമായ യുക്തി യുക്തിയിലൂടെ ഇതൊക്കെ ഇങ്ങനെ വിശദീകരിക്കണം അതിന്റെ വിശദീകരണം അങ്ങനെ യുക്തിയിലൂടെ വിശദീകരിച്ചു കഴിഞ്ഞാൽ വേരാളുടെ യുക്തിക്ക് അത് ബോധ്യപ്പെടുക കേൾക്കുന്നവന് ഞാനിങ്ങനെ ഒരു യുക്തി പറയുകയാണ് നശിക്കാൻ പോലെ ശരീരം നശിച്ചാലും ആത്മാവ് നിൽക്കണം പറഞ്ഞ രോഗത്തു പോകണം സുഖാനുഭവിക്കണമെന്ന് ഞാൻ എന്താ ഒരു യുക്തി പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്നവനതിനെന്താ ആ യുക്തി അംഗീകരിക്കാൻ പറ്റും കേൾക്കുന്നവർക്കെല്ലാം സ്വീകരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എന്താ അവിടെയാണ് പ്രമാണം പറയുന്നു ഇങ്ങനെയല്ല യുക്തി പ്രയോഗിക്കുന്നത് പ്രമാണത്തെ ആശ്രയിച്ചു പ്രമാണം എന്ന് പറയുന്നത് ശുദ്ധം വേദം വേദത്തിൽ ഒരാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട് ഗുരുകാണ്ടത്തിൽ ആ ആത്മാവിൽ കൂടുതൽ യുക്തി പ്രയോഗിക്കാം പ്രയോഗിച്ചിട്ട് അങ്ങനെ ഒരാത്മാവുണ്ടെന്ന് സംബന്ധിച്ചു അതാണ് ചിന്തി അങ്ങനെ വേദത്തെ അംഗീകരിക്കും എങ്ങനെ അംഗീകരിക്കണം വേദത്തിൽ എന്താണോ പറയുന്നത് സത്യമാണ് വേദത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അസത്യം വേദം സത്യമാണ് അതിൽ പറഞ്ഞിരിക്കുന്ന സത്യം ഇപ്പോൾ നമ്മളൊരു വ്യക്തിയെ വിശ്വസിക്കും ആ വ്യക്തി നമ്മളോട് സംസാരിക്കും നമുക്കറിയാൻ വയ്യാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയും കേട്ടുകൊണ്ടിരിക്കുന്ന സംസ്കൃതം കാര്യമായി പിടിയില്ല ഞാനിത് വ്യാഖ്യാപിച്ചിട്ട് നിങ്ങളോടർത്ഥം പറയും എന്നത് ഞാൻ പറയുന്നതാണ് ഇതിന്റെ അർത്ഥം ധരിക്കുന്നത് ഇതാണ് വിശ്വാസം അത് വേറെ വഴിയില്ല അതിന് സ്വയം സംസാരിക്കും പഠിച്ച മത്സരം കുറെയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളവർ അവരുടെ ബുദ്ധിയോടെ ഉപയോഗിച്ച് നോക്കും പറയുന്ന വിധിയുണ്ടോ എന്ന് ചിന്തിക്കും അതുമില്ലാത്തവരെന് ഞാൻ പറയുന്നതാണ് ഇതിന്റെ അഴുകിയിരിക്കുന്നത് ധരിച്ചേ പറ്റും അവിടെയാണ് വിശ്വാസം വരുന്നത് എനിക്കിതിന്റെ അർത്ഥം അറിയാമോ അതുപോലെ വേദത്തിൽ ഇത് ഒരാത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു അത് സത്യമാണ് എന്നുകൊണ്ട് വേദം പറയുന്നുണ്ട് വേദം സത്യമാണ് വേദം എന്തുകൊണ്ട് സത്യം ഇതുപോലെ രാമാനുജന ആചാര്യരെ പോലുള്ളത് പറയും അത് ഈശ്വരം പറഞ്ഞുകൊണ്ട് സത്യം അല്ലെങ്കിൽ വൈദികന്മാർ പറയും എന്താണോ അത് അനാദിസിദ്ധമായൊരു ഉത്പത്തിയില്ല അനാദിയായിട്ട് വേദം ഇങ്ങനെ നിൽക്കുക മറ്റു നമ്മൾ സംസാരിക്കുന്ന ശബ്ദങ്ങളും നമ്മൾ എഴുതുന്നതും പറയുന്നതും എല്ലാം നശു പക്ഷെ വേദം അനാ അനന്തമായി നിൽക്കുന്ന നിത്യസത്യം എന്തായാലും അവസാനം വിശ്വാസത്തിന്റെ ഇതിൻ്റെ ഒരു പരിഹാരമാണ് അങ്ങനെ വിശ്വസിക്കും അത് ഏകം അനാദിയാണെന്നും ശ്രദ്ധിക്കുന്നത് പ്രപഞ്ചം അനാദിയാണ് അത് സമർപ്പിക്കേണ്ടി ഏതാരും ഉണ്ടാക്കി അതിന് കർത്താവില്ല അതാരും ഉണ്ടാക്കിയ അധ്യയന പരമ്പരയിലൂടെ ഗുരുശിഷ്യ പരമ്പരയിലൂടെ എന്നുള്ളത് ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വിശ്വസിക്കേണ്ടത് അവസാനം വിശ്വാസത്തിൽ നിൽക്കത്തോ വിശ്വസിക്കുന്നവരെന്തെയും വിശ്വസിക്കുന്നവർ പുരോഹിതൻ പറയുന്ന മനസ്സിലായി കർമ്മങ്ങൾ വെച്ച് വേണ്ടി അതുകൊണ്ട് പറയുന്നത് വേദത്തിൽ ഇങ്ങനെ ഒരു ആത്മാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു ആത്മാവ് നിത്യമാണ് ശരീരം നിശ്ചനത നശിക്കുന്നില്ല എന്നറിഞ്ഞു കഴിഞ്ഞാൽ പാരലൗകികം സ്വർഗം അതിനുവേണ്ടിയിട്ടുള്ള ക്രമങ്ങൾ എന്താ അതില്ലെങ്കിലോ പാരലൗകിക കാമ്യകർമ്മ അണന്വേഷണമാണ് അതിനാണെങ്കിൽ അവൻ കർമ്മങ്ങൾ ചെയ്ത് പഠിച്ച് ചാർവാകന്മാരും മറ്റും അതിനെ എതിർത്താതെ എന്ത് ചെയ്തിട്ട് കാര്യമില്ല അങ്ങനെ ഒരു ആത്മാവി എന്നവരും ഒരു കൂട്ടരങ്ങൾ കാരണം ഈ ഭാഗം ഞാൻ ദേഹത്തിൽ നിന്നും അതൊരു വേറിട്ടൊരാത്മാവുമുണ്ട് അതെന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യൻ മനസ്സിലാക്കിയത് അവരി യുക്തിയിലൂടെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് തർക്കശൈലിയിലാണ് അവ മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക പക്ഷെ ഒന്നും മനസ്സിലായിരിക്കും ഇത്രയും മനസ്സിലാക്കും ഇങ്ങനെ ഒരു ആത്മാവിനെ കുറിച്ച് മനുഷ്യൻ മനസ്സിലാക്കിയത് ആദ്യകാലത്ത് യുക്തിയിലൂടെയാണ് പിൽക്കാലം അതിന്റെ വ്യാഖ്യാനങ്ങൾ വന്നപ്പോന്ന് വെച്ചാൽ ഉപനിഷകാരം എന്നെ സാക്ഷാത്കാരം പോലെയുള്ള കാര്യങ്ങൾ ആത്മജ്ഞാനം എന്ന് പറഞ്ഞ ആത്മസാക്ഷാത്കാരങ്ങള് അവര് പ്രത്യേകമായ അനുഭവമാണെന്നൊക്കെയുള്ള തൃക്കാലത്വം ഒന്നാണ് വൈദികന്മാരെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല അവരെ സംബന്ധിച്ച് ശരീരത്തിൽ നിന്ന് വേറിട്ടൊരാത്മാവുണ്ട് അങ്ങനെ അവരൊരു യുക്തി പറയുന്നു അത്രേ ആ യുക്തി അംഗീകരിക്കുക എന്തുകൊണ്ട് വേദം പറഞ്ഞാലെ വിശദീകരിക്കുന്നു അത്രയേ ഉള്ളൂ പിന്നീട് ആത്മാവിനെ സംബന്ധിച്ച് ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആൾക്കാർ നീ വരും ഇന്നും അതെല്ലാം കൊണ്ട് നടക്കുന്ന മനുഷ്യർ ഒരുപാട് അവർ ജീവിക്കുന്നവരും അതൊക്കെ അത് അതൊന്നും ദോഷവും പക്ഷെ ഇതിന്റെ ആ തുടക്കം എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് വിശദീകരിക്കുന്നത് അല്പം തർക്കമാണ് അവിടെ വരുന്നത് പക്ഷേ ഇതിങ്ങനെയൊക്കെയാണ് ഇവരെ യുക്തിയിലൂടെ ശ്രദ്ധിച്ചതെന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ഉൾക്കൊള്ളണം വലിയ പ്രയാസമാണ് കാരണം നമ്മൾ ധരിച്ചിരിക്കുന്നത് വേറെ വേറെ കാര്യങ്ങളാണ് നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ഒരു പ്രത്യേക രീതിയിൽ മനസ്സിൽ ഉറപ്പിച്ച് ദൃഢപ്പെടുത്തി വെച്ചിരിക്കുകയാണെങ്കിൽ അതിനെതിരായിട്ടുള്ള യുക്തികൾ ആരെങ്കിലും കൊണ്ടുവന്നുകഴിഞ്ഞാൽ എന്താണ് നമ്മുടെ മനസ്സിൽ പറയുന്നത് എന്താണ് സംഭവിക്കുന്നത് ഒരു കാര്യത്തിൽ ഉറച്ചിരിക്കുക നമുക്ക് നല്ല ഉറപ്പാണ് ഇന്നതാണ് ഇളക്കമില്ല അങ്ങനെ അപ്പോഴാണ് പുതിയ പുതിയ വ്യക്തിയായിട്ടൊരാള് ഇത് ഇങ്ങനല്ല ഇങ്ങനെ എന്ന് വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും സംഭവിക്കുന്നത് നമ്മളാ യുക്തിക്കനുസരിച്ച് നമ്മൾ ചിന്താഗതിയെ മാറ്റുമോ അതോ നമ്മളെന്താണോ നമ്മളെ ധര മനസ്സിൽ ഉറപ്പിച്ചു വച്ചിരിക്കുന്നത് അതിനോട് നമ്മൾ ഒട്ടിച്ചേർന്ന് നീക്കാൻ ശ്രമിക്കും എന്തായിരിക്കും നമ്മുടെ മനസ്സിൽ സംഭവിക്കുന്നത് എന്തെങ്കിലും വഴിയുണ്ടോ അതിനധുനിക മനഃശാസ്ത്രീ പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ബാക്ക് ഫയർ എഫക്റ്റ നിങ്ങളുടെ ദൃഢമായ വിശ്വാസത്തിനെതിരായ യുക്തികളോ തെളിവുകളോ കേവല യുക്തിയല്ല തെളിവുകളോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സാധാരണ മനുഷ്യന്റെ മനസ്സിൻ്റെ ഒരു പ്രവണതയാണ് എത്ര വ്യക്തമായ തെളിവാണെങ്കിലും യുക്തിയാണെങ്കിലും അതിനെ തളികള് തളികളെ മാത്രമല്ല പൂർവ്വ ധാരണകളോട് ഉറച്ചു നിൽക്കാൻ മനസ്സൊരു പ്രവണതയാണ് മനസ്സിന്റെ ഒരു സവിശേഷതയാണ് അതിനൊരു ബ്ലാക്ക് ഫയർ എഫക്റ്റ് കൗണ്ടർ ഇൻജ്യൂഷന്റെ ഭാഗമായി വരുകയാണ് അത് മനുഷ്യനതിൽ നിന്ന് പുറത്തു കിടക്കുക വലിയ പ്രയാസം ണം പറഞ്ഞുകഴിഞ്ഞാ നരേന്ദ്രമോദിയെ അല്ലെങ്കിൽ പിണറായി വിജയനെയൊക്കെ ആരാധിക്കുന്ന മനുഷ്യരുണ്ട് അവരെ ആരാങ്കിലും അടുത്ത് നിന്ന് നിങ്ങൾ നരേന്ദ്രമോഡിക്കെതിരായിട്ടോ പിണറായി വിജയനെതിരായിട്ടോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു തെളിവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അടി കിട്ടുമെന്നുള്ള ഉറപ്പാണ് ഏതെങ്കിലും ഒരു കാര്യത്തില് ആ മനുഷ്യൻ തീരെ ശരിയെന്ന് ഇത്രയും പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടുവരുന്ന തെളിവുകളോ നിങ്ങൾ കൊണ്ടുവരുന്ന യുക്തികളോ ഒന്നും അവർ അംഗീകരിക്കില്ല മറിച്ച് അവർ കൂടുതൽ അവരുടെ ആ നിലപാടുകൾ ഉറക്കിയോ തള്ളിക്കളയുക എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ സംഭവിക്കുന്നത് അതിൽ ഉറക്കും ഇത്തരമുള്ള കാര്യങ്ങൾ മൊത്തത്തിൽ പറയുന്നതാണ് കൗണ്ടർ ഇൻക്യൂഷൻ എന്നും അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ബാക്ക് ഫെയർ എഫക്റ്റ് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു മനസ്സിന്റെ ഒരു പ്രവണത അങ്ങനെയാണ് മനുഷ്യനങ്ങനെയാണ് ചിന്തിക്കട്ടെ അതുകൊണ്ട് ആത്മാവിനെ കുറിച്ച് നമുക്ക് ഒരുപാട് സങ്കല്പങ്ങളൊക്കെ ഉണ്ട് ശങ്കരാചാര്യർക്ക് ഒരു സങ്കല്പമുണ്ട് മാധുവിന്റെ സങ്കല്പം വേറെയാണ് രാമാനുജന്റെ സങ്കല്പം വേറെയാണ് ഇനി നൈയായികന് സങ്കല്പം ഒന്നാണ് വൈശേഷികൻ ഒന്നാണ് സാങ്ക്യന്റെ സങ്കല്പം ഒന്നാണ് യോഗിക്ക് വ്യത്യാസമുണ്ട് ഇത് ഏതെങ്കിലും ഒരു സങ്കല്പത്തോട് നിങ്ങൾ ചേർന്ന് നിൽക്കുകയാണെങ്കിൽ അടുത്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങളതിനോട് ബന്ധിപ്പിച്ചിരിക്കുകയാണെങ്കിൽ മറ്റൊന്നു വന്നുകഴിഞ്ഞാൽ അതിനെ എതിർക്കാനുള്ള മറ്റൊരാൾ എന്തൊക്കെ തെളിവുകൾ നിങ്ങളുടെ മുമ്പ് കൊണ്ടുവന്നാലും ചില അതിനെ എതിർക്കാനേ പറ്റും ഒരിക്കലും അതിനെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല അത് നമ്മുടെ മനസ്സെങ്ങനെയാണ് നമ്മുടെ മനസ്സിന്റെ ഘടന അങ്ങനെ എത്ര ദൃഢത നമ്മൾക്കൊന്നിലുണ്ടോ അതിനോട് നീക്കത്തും പിന്നെ അതിന് മാറ്റം വരണമെങ്കിൽ മനസ്സ് തന്നെ മാറും അതൊരു സാധാരണ മനസ്സായിരിക്കും നമ്മളിൽ അസാധാരണമായ ഒരു മനസ്സായിരിക്കും അത് മറ്റൊരു വിഷയമാണ് ഇവിടെ ഇപ്പൊ പറയുന്നവർക്ക് എങ്ങനെയാണ് ഈ ആത്മാവിന്റെ ശരീരാതിരിക്തമായ ആത്മാവായ ഇനി ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപം രാമാനുജാ പറയുന്നത് ഇതുപോലെയൊക്കെ തീരുമാനിക്കുന്നു നിനക്ക് ആശ്രയിക്കുന്നത് യുക്തികളാണ് കേവല യുക്തികൾ അതാണ് അടുത്ത് പറയുന്നത് അനു ദേഹ ഉത്തരകാല അനുഭാവ്യയോഗോ സ്വർഗോപവർഗയോഗോജി ആത്മാഅസ്തിത്വജ്ഞാനം മാത്രം അപേക്ഷിച്ച് അതൊരു ചോദ്യമാണ് ആദ്യവും പറഞ്ഞത് കൃത്യമായി മനസ്സിലായില്ലെങ്കിലും ഇതിനെ കുറിച്ചുള്ള പൊതുവായ ധാരണയെങ്കിലും പറയും താർഹിക ശരീരമാകുമ്പോൾ എല്ലാവർക്കും മനസ്സിലാകത്തില്ല കുഴപ്പമൊന്നുമില്ല മനസ്സിലാക്കിത്തരാൻ ഞാൻ ശ്രമിക്കാം എന്നുള്ളതാണ് മരണശേഷം അനുഭവിക്കേണ്ടതാണ് ഒന്ന് സ്വർഗം മറ്റൊന്ന് അപവർഗം അത് രാമാനുചാരി പറയുന്ന അപവർഗം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത മോക്ഷം അതും പറഞ്ഞ ശേഷമുള്ളതാണ് സ്വർഗവും അങ്ങനെയുള്ള അതിനൊരു ആത്മാവുണ്ടെന്നറിഞ്ഞാൽ മാത്രം മതിയോ ഇതാണ് ചോദിച്ചത് അതോ ആത്മാവിനെ കുറിച്ച് വിശേഷമായിട്ട് അറിയേണ്ടതല്ല അതിൻ്റെ കൂടെ ചോദിക്കുന്നു ദേഹ ഉത്തരകാലം അനുഭാവ്യമാണ് ദേഹോത്തരകാലം എന്ന് വെച്ചാൽ ദേഹനാശത്തിന് ശേഷം അനുഭാവിയെന്ന് വെച്ചാൽ അനുഭവിക്കേണ്ടതായ സ്വർഗ അപവർഗിയോ സ്വർഗം അപവർഗം സർഗവും മോക്ഷം ഇത് രണ്ടും ഇവിടെ പറയുന്നത് വേദത്തിൽ പറയുന്നതായിട്ടെടുത്തിട്ടാണ് ചർച്ച ചെയ്ത് വേദത്തില് രണ്ടിനെ കുറിച്ചും പറയുന്നു ഇത് രണ്ടിനും ആത്മ അസ്തിത്വജ്ഞാനം മാത്രം ഒരാത്മാവുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രം മതിയോ എന്ന് ചോദിക്കുമ്പോൾ ഒരു നീണ്ട ചർച്ച ഇവിടെ ഉപസംഹരിക്കുകയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചർച്ച കഴിഞ്ഞു പൂർവ്വഖണ്ഡത്തിലെ ചർച്ച കഴിഞ്ഞു അവിടെ എന്താ പറയുന്നത് ഈ ദേഹം നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് അനുഭവിക്കേണ്ടതായ മോക്ഷം അല്ലെങ്കിൽ സ്വർഗം ഈ രണ്ടിനും വേണ്ടി ഈ ശരീരത്തിൽ നിന്നും വേറിട്ട് ഒരാത്മാവുണ്ടായാലേ പറ്റൂ ആ വിഷയത്തെക്കുറിച്ച് ഇവിടെ ചർച്ചയില്ല അത് തീരുമാനിച്ച കാര്യമാണ് ഇവിടെ ഇപ്പൊ ചർച്ച ചെയ്യുന്ന എന്താണ് ആത്മാവ് എങ്ങനെയുള്ളത് അതാണ് അതുകൊണ്ട് ആ ഉറവഖണ്ഡത്തിലെ ചർച്ച എന്റെ കൂടെ ചെയ്തു തീരുമാനിച്ച കാര്യമാണ് അപ്പൊ എന്തിനൊരാത്മാവ് ആത്മാവ് എന്തിനു വേണ്ടി മരണശേഷം മോക്ഷം അല്ലെങ്കിൽ സ്വർഗം ഇതിനു വേണ്ടി ഒരാത്മാവ് അതില് ഈ പൂർവകാന്ഡത്തിൽ ചർച്ച ചെയ്യുന്ന ഉപനിഷത്തുകളല്ല പൂർവകാന്തം മരണശേഷമുള്ള ആ സ്വർഗം അത് തന്നെയാണ് വേറെ അപവർഗമൊന്നുമുണ്ട് വേറെ മോക്ഷമൊന്നുമില്ല എത്തിച്ചേരുന്ന ആ സ്വർഗം മോക്ഷം പിന്നെ ഉത്തരകാണ്ഡത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ചിന്തകന്മാർക്ക് വന്ന് രാമാനുജാചാര് മുമ്പ് തന്നെ ശങ്കരാചാര്യൊക്കെ വന്ന് അവിടെ ഉറപ്പിച്ച് എന്താണ് വന്ന ശേഷം സ്വർഗം മാത്രമല്ല മോക്ഷമാണ് അതുകൊണ്ടാണ് ഇവിടെ അതിന കൂട്ടിച്ചേർക്കുന്നത് പൊറുകണ്ഡത്തിൽ അത് രണ്ടും ഒന്ന് തന്നെ സ്വർഗം തന്നെ വേദാന്തികളൊന്നും അതിനീകരിക്കില്ല ഹിമാംസകർക്ക് അത് സ്വർഗ്ഗം തന്നെ ആ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്ത് കഴിയും അപ്പൊ ഇവിടെ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതാണ് എന്തിനു വേണ്ടി ഒരാത്മാവ് വൈദികന്മാർ എന്നുള്ള സ്വർഗ്ഗത്തിൻ്റെ വേണ്ടി ഒരു ആത്മാവ് എന്താ നിർബന്ധം അതാണ് പുരോഹിതന്മാർ പറയുന്നത് ഞങ്ങൾ പറയുന്ന കർമ്മങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ അതിനുവേണ്ടി ഞങ്ങൾ കണ്ടുപിടിച്ച ഒരു സാധനമാണ് ആത്മാ വളരെ സിമ്പിളാണ് അങ്ങനൊരാത്മാവുണ്ടെങ്കിലേ നിങ്ങൾക്ക് സ്വന്തത്തിൽ പോകുന്നു അതുകൊണ്ട് നിങ്ങളീ കഷ്ടപ്പെട്ട് ഈ കർമ്മമൊക്കെ ചെയ്തിട്ട് മരിച്ചു പോയാൽ അതിൻ്റെ ഫലം കിട്ടാതെ ആകുമെന്നൊന്നും ദുഃഖിക്കേണ്ട കാര്യമില്ല ഫലം ഉറപ്പായിട്ടും ഉണ്ടാവും കാരണം ആ ഫലത്തിൽ നിങ്ങളെ കൊണ്ടെത്തിക്കാൻ വേണ്ടി നിങ്ങൾ മരിച്ചാലും മരിക്കാത്ത ഒരാത്മാവുണ്ട് എന്ന് നിങ്ങളെ വിശ്വസിക്കുക മരണശേഷമുള്ള കാര്യമല്ല വിശ്വസിക്കാൻ എന്ന് പുരോഹിതൻ പറഞ്ഞു കൊടുക്കും ഇത് വേദത്തിൽ മാത്രമല്ല എല്ലാ മതങ്ങളും ഇതെന്ന് പറയും പേരും മാറിപ്പോ ഹിബ്രു ഭാഷയിൽ ദുറൂഹ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ആത്മാവെന്ന് പറഞ്ഞാലൊക്കെ ഇത് തന്നെ പറയുന്നത് ഒന്ന് വേണം എന്നാലേ പുരോഹിതന് ഈ മരണാനന്തര ജീവിതത്തെ കുറിച്ച് പറയാൻ പറ്റും അപ്പോ അങ്ങനെ ഒരു ആത്മാവ് വേണം പക്ഷെ ഇവിടെ അതുപോലെ ഇത് ഉത്തരകാണ്ടമായി ഒരാത്മാവിനെ അറിഞ്ഞാൽ പോലെ കൊച്ചി ചിലടത്ത് ചിലടത്തെന്ന് വെച്ചാൽ പിൽക്കാലത്ത് വന്ന ആത്മാവുണ്ടെന്നറിഞ്ഞ പോരാ ആത്മാവിന്റെ സ്വരൂപം എന്തെന്ന് നിശ്ചയിക്കേദത്തെ പ്രമാണമായി സ്വീകരിക്കുന്നവർക്ക് ഈ ആദ്യം പറഞ്ഞ കാര്യത്തിൽ ആർക്കും തർക്കവുമില്ല ഇവിടെ എല്ലാവർക്കും യോജിപ്പാണ് എന്താണ് മരിച്ചു കഴിഞ്ഞ ഈ ശരീരത്തിൽ നേരിട്ടൊരാത്മാവാണ് ഒരാർക്കും തർക്കം എല്ലാ പുരോഹിതന്മാരും ഇതിന്റെ വക്താക്കളാണ് പക്ഷെ തർക്കം വന്ന ഇവിടെ ആത്മാവ് എങ്ങനെയുള്ളൂ അതിന്റെ സ്വരൂപണ്ട് അവിടെ ഇവരാരും ഒരിക്കലും യോജിക്കത്ത അപ്പോൾ കർമ്മകാണ്ടത്തിൽ ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ് ഈ ആത്മാവ് എന്താണെന്ന് തീരുമാനിക്കാം അതിന്റെ ആവശ്യം അന്നാമുണ്ടെന്നറിഞ്ഞാൽ മതി അതാണ് പറയുന്നത് എന്ന് പറയുന്നത് കൊച്ചി യാഥാർത്ഥ്യമീൻസ് ചിലടത്ത് യാഥാർത്ഥ്യത്തെ നിശ്ചയിക്കേണ്ടി വരും അവിടെയാണ് സിദ്ധാന്തങ്ങൾ പല പല സിദ്ധാന്തങ്ങൾ വരുന്നത് ശങ്കരാചാര്യന്റെ സിദ്ധാന്തത്തിൽ അതിന്റെ യാഥാർത്ഥ്യം രാമായണജാചാരന്റെ സിദ്ധാന്തങ്ങൾ മറ്റൊന്നാളതിന്റെ സിദ്ധാന്തത്തിൽ മറ്റൊന്നാണ് പിന്നെ എല്ലാവരും അവരവരുടെ ആത്മാവാണ് ഓരോരുത്തർ വെച്ചാൽ അവരവരുടെ വിശദീകരണങ്ങൾ വ്യാഖ്യാനങ്ങൾ അവരവരുടെ സാക്ഷാത്കാരങ്ങൾ സാക്ഷാത്കാരങ്ങളെല്ലാം ഓരോരോ പരമ്പരയിലെയും ആത്മ സാക്ഷാത്കാരം വേറെ വരുകയാണ് അല്ല എല്ലാവരും പോലെ നമ്മൾക്ക് പ്രചാരത്തിൽ ചെയ്യുന്ന ചില ആത്മസാക്ഷാത്കാരങ്ങളെ കുറിച്ചുള്ള അറിവ് വെച്ചുകൊണ്ട് നമ്മൾ അതിനൊക്കെ സഞ്ചരിക്കുന്നു എന്നേ ഉള്ളൂ എല്ലായിടത്തും പറഞ്ഞാലും പലതാണ് എന്തുകൊണ്ട് ആത്മാവിന്റെ സ്വരൂപം നിശ്ചയം വ്യത്യസ്തമായിട്ടാണ് കുത്തുവയമ്പോ എന്തുകൊണ്ടെങ്കിലും ഒരു ഭേദം ഒരിടത്ത് എന്താണ് ആത്മാവണ്ടെന്ന് അടുത്ത് പറയുന്നങ്ങനെയല്ല ആത്മാവിന്റെ യാഥാർത്ഥ്യമുണ്ടെന്നറിയും വ്യത്യാസങ്ങളെല്ലാം എന്തുകൊണ്ട് വന്നു ഇതെല്ലാം എന്തുകൊണ്ട് വന്നെന്ന് വെച്ചാൽ മനുഷ്യന്റെ ചിന്തകളിലൂടെ പൊതുവൊരു തെറ്റിദ്ധാരണ എന്താണ് ആത്മാവിനെ സാക്ഷാത്കരിച്ചിട്ട് പിന്നീട് ചിന്തിച്ചെന്ന് അങ്ങനെയല്ല അത് ചിന്തയുടെ ചരിത്രം പരിചയമില്ലാത്തവർ പറയുന്നത് ആദ്യം ആത്മാവിനെ കുറിച്ച് ചിന്തിച്ച് പിന്നീടാണ് ഓരോരുത്തരും അവരവരുടേതായ സാക്ഷാത്കാരങ്ങളിലേക്ക് പോയി ഇവിടെ നമുക്കിത് ചർച്ച ചെയ്യുമ്പോൾ മനസ്സിലാക്കുന്നത് ആ ചിന്തയുടെ ചരിത്രമുണ്ട് പൂർവ്വകാന്ഡത്തിൽ അവരങ്ങനെ ചിന്തിച്ച് ഉത്തരകാണ്ഡത്തിൽ അങ്ങനെ ചിന്തിച്ചു കുറവകാണ്ഡത്തിന് മാത്രമേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ ആ ശരീരം നശിച്ചാലും നശിക്കാത്ത ഒരാത്മാവി അറിവ് മതി പുരോഹിതന് ഇതിന്റെ ആവശ്യമേ ഉള്ളൂ ഉത്തരകാണ്ഡത്തിൽ വന്നതാരാണ് അതേ പുരോഹിതൻ തന്നെ പക്ഷെ അവിടെ പുരോഹിത്യത്തിന്റെ സ്വഭാവമാണ് പുരോഹിതൻ തന്നെ ഒരു വലിയ തത്വചിന്തകനായി അപ്പം അവര് പക്ഷം തിരിഞ്ഞു പലരായി ആത്മ യാഥാത്മ ഞാനും എന്തുകൊണ്ടാണ് അവിടത്തെ അപവർഗം വേറെ കുറവാണ്ഡത്തിലെ അപവർഗം എന്ന് പറയുന്നത് സ്വർഗമാണ് ഇവിടെ വന്നപ്പോ അപവർഗങ്ങൾ പലതായി രാമാനുചാരി പറയുന്ന അപവർഗത്തിന് വേണ്ടി പരലോകത്ത് പോകണമെന്ന് ശങ്കരാചാര്യ പറയുന്ന അതിന്റെ ഒന്നും ഇവിടെ തന്നെ ഇങ്ങനെയൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ചിന്തകന്മാരും ഇതെല്ലാം തന്നെ പരോഹിത്യ പാരമ്പര്യമാണ് ഇതെല്ലാം കൊണ്ടാണ് പല ചിന്തകളും ഉണ്ടാവും ഈ പാരമ്പര്യത്തിൽ നിന്നും മാറിയ ചിന്തകളുണ്ട് ഇല്ലാതെ ഇല്ല പക്ഷേ അത് വൈദിക ചിന്ത അല്ലെന്നുള്ളതാണ് ബൗദ്ധന്മാരും ബൗദ്ധ പരമ്പരകളൊക്കെ വന്നു വൈദിക ചിന്തയാണ് അവരും ഈ അപൂർവം അവരും ചിന്തിച്ചു പക്ഷെ അവിടെ വേറെ ചിന്തയായി അതുകൊണ്ടാണ് നമ്മുടെ ആത്മാവിനെ ചുറ്റിപ്പറ്റി ചിന്തിക്കാറ് പൗരോഹിത്യ ചിന്തയുടെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ അവർക്ക് ഈ അപവർഗം അല്ലെങ്കിൽ മോക്ഷം ഇങ്ങനെ ഈ കാര്യത്തെ കുറിച്ച് എന്തൊക്കെ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കിയാലും ശരി ഈ ശരീര അതിരിക്തമായ ആത്മാവെന്ന് പറയുന്ന പ്രാഥമികമായ ചിന്ത അത് ഉപേക്ഷിക്കാൻ പറ്റും എന്തുകൊണ്ട് കർമ്മകാന്ഡം മുഴുവൻ ഉറപ്പിച്ചിരിക്കുന്ന അതിലാണ് അതുകൊണ്ട് കർമ്മകാന്ഡത്തെ ഒരിക്കലും ശങ്കരാചാര് ആയിക്കൊള്ളോട്ടെ രാമാനുജാ ആയിക്കൊള്ളോട്ടെ ആ പരമ്പരയിൽ വന്ന് ആർക്കും നിങ്ങൾ തള്ളിക്കളയാൻ പറ്റത്തില്ല അതിനവർ ചില ഭേദഗതികളൊക്കെ നിർദ്ദേശിക്കും അത്രയും അതുകൊണ്ട് അടിസ്ഥാനപരമായി ആത്മാതിരിത ശരീരാതിരിക്തമായ ആത്മാഅസ്തിത്വം എന്ന് പറയുന്ന ആ ഒരു ചിന്ത വിടത്തില്ല അതാണ് കർമ്മകാണ്ഡത്തിന് ആവശ്യം അതുകൊണ്ട് തന്നെ മനുഷ്യനെ കർമ്മത്തിൽ നിയോഗിക്കാം നിയോഗം എന്ന് പറയുന്ന ഈ മാസത്തിൽ ഒരുപാട് ചർച്ച ചെയ്യും ആ നിയോഗം അവിടെയാണ് പ്രവർത്തിക്കുന്നത് പക്ഷെ ഇവിടെ കൂടുതൽ വേണമെന്നാണ് ഇവിടെ പറയുന്നത് അയം അഭിപ്രായ കാമാധികാരെ യാഥാത്മ്യനിശ്ചയ അനുഭൂത്യവ ശാസ്ത്ര ബദാത്വ അപേക്ഷക്ക് ഇപ്പൊ കാമാധികാരൻ നേരത്തെ പറഞ്ഞു എനിക്കിഷ്ടമായിരിക്കുന്ന സ്വർഗം അതിനുപായമാണ് യാഗം അതുകൊണ്ട് ഈ യാഗം ഞാൻ ചെയ്യേണ്ടതാണ് എന്നുള്ള അഭിമാനം അതാണ് കാമാധികാരം അതുകൊണ്ട് രാജസ്വയവും മറ്റും ചെയ്യും അവിടെ ആത്മാവിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അറിയണം ആത്മാവിനെ അറിഞ്ഞാൽ പോരാ അത് അനൂപത്തിയിലൂടെയാണോ അത് ശാസ്ത്രപരാത് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത് ഒന്ന് അനൂപത്തി അനുപത്തി എന്ന് പറഞ്ഞാൽ അത് അർത്ഥാപത്തി പ്രമാണം കൊണ്ടുവന്ന അർത്ഥാപത്തി അതാണോ ആത്മയാഥാർത്ഥ്യജ്ഞാനത്തിനും ആത്മ അതിരിത ആത്മജ്ഞാനത്തിന് ഇത് മതിയും എന്നാണ് ഇവിടെ ചോദിക്കുന്നത് അതായത് ശരീരം നശിച്ചാലും നശിക്കാത്ത ഒരാത്മാവ് ഇത്രയും അറിയുന്നത് അനുഭവത്തി കൊണ്ടാണോ അറിയുന്നത് അതോ ശാസ്ത്രപ്രമാണം കൊണ്ടാണ് അപ്പോ ആത്മാവിനെക്കുറിച്ച് വേദത്തിൽ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ആത്മാവുണ്ടെന്നുള്ളതിന് വേദം തന്നെ പ്രമാണം പക്ഷെ ആ ആത്മാവ് ശരീരം നശിക്കാനും നശിച്ചാലും നശിക്കത്തില്ല അതിശേഷിക്കും എന്ന് അവിടെ മനസ്സിലാക്കിയത് അനൂപത്തിയാണ് അർത്ഥാവത്തി പ്രമാണത്തിൽ അല്ലാതെ സാക്ഷാത്കരിച്ചിട്ടുണ്ട് അതാണ് കൂടെ മനസ്സിലാക്കുന്നത് അർത്ഥാപുത്തി അന്യദാനോ ബുദ്ധി എന്നും പറയും എന്താണ് അവർ കണ്ടെത്തിയത് മുമ്പും പറഞ്ഞിട്ടുള്ള ഇവിടെ ഒരാൾ കർമ്മം ചെയ്യുന്നു വൈദ്യ ഫലം സ്വർഗമാണ് അപ്പോൾ കർമ്മം ചെയ്യുന്നവന്റെ മനസ്സിൽ സംശയം വരും ഞാനീ ചെയ്യുന്നു മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് സ്വർഗ്ഗം കിട്ടുമെന്ന് എന്താ ഉറപ്പ് വെറും അവൻ വിശ്വസിക്കും ശരി പുരോഹിതം പറഞ്ഞു കർമ്മം ചെയ്താൽ ഫലം കിട്ടും അത് ഇഹലോക ഫലങ്ങളാണെങ്കിൽ ശരി ഇഹലോക ഫലങ്ങളെ കുറിച്ചുള്ള ഒരു ഗുണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരാള് അമ്പലത്തിന്റെ അടുത്ത് പോയി നിന്നു ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ കൂടെ ലോട്ടറി കച്ച അവിടെ കാണുന്നു അപ്പം അതുകൂടെ ഒന്ന് പ്രാർത്ഥിക്കുന്നു ഭഗവാനെ എനിക്കൊന്ന് അടിക്കണേ ദൈവം ലോട്ടറി എടുക്കുന്നു ലോട്ടറി എടുക്കുന്നു അവന് ലോട്ടറി അടിച്ചു അപ്പൊ അവിടെയും അവൻ്റെ വ്യക്തി എന്താണ് അതായത് ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് എനിക്ക് ലോട്ടറി അടിച്ചത് അപ്പോ ഭാവിയിൽ വരാൻ പോകുന്ന ഫലത്തോട് ചേർത്ത് അവന്റെ യുക്തിയെ പ്രവർത്തിപ്പിക്കാം അവന്റെ പ്രാർത്ഥനയും ലോട്ടറി അടിച്ചതും രണ്ടും ബന്ധിപ്പിക്കാനും അവന് യുക്തിയുണ്ട് അവിടെ യുക്തി ഉപയോഗിക്കാം കാരണം എന്തുകൊണ്ട് പ്രാർത്ഥിച്ചതൊരു യാഥാർത്ഥ്യമാണ് ലോട്ടറി അടിച്ചത് ഒരു യാഥാർത്ഥ്യമാണ് യുക്തി പ്രവർത്തിക്കുക പിന്നെ ബാക്കിയുള്ളവർക്കെല്ലാം എന്തുകൊണ്ടും അടിച്ചിട്ടുണ്ട് ഒരാൾക്കല്ലേ കിട്ടത്തോ ഒന്നും കിട്ടിയില്ലല്ലോ അതൊന്നും അവിടെ പ്രവർത്തിക്കേണ്ട ആവശ്യമുണ്ട് എന്റെ ആവശ്യം താനും ഇത്രയേതോളം പ്രാർത്ഥിച്ചു കിട്ടിയില്ലല്ലോ അവിടെയും വർക്ക് ചെയ്യേണ്ട കാര്യം പക്ഷേ തനിക്കിപ്പോൾ യുക്തി പ്രവർത്തിക്കും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇങ്ങനെയാണ് മനുഷ്യന്റെ സാമാന്യ വ്യക്തി വർക്ക് ചെയ്യുക ആയിരം വിപരീത അനുഭവം ഒരു അനുഭവത്തെ മത്സരിക്കുക പ്രാർത്ഥന കൊണ്ടാണെന്ന് മത്സരിക്കും എന്തുകൊണ്ട് അതിൻ്റെ മുമ്പിൽ പ്രത്യക്ഷമായ ഫലമുണ്ട് അതുകൊണ്ട് എങ്ങനെ വിശ്വസിക്കുക ഉള്ള അവകാശമുണ്ട് അതുകൊണ്ടാണ് വിശ്വാസം അവകാശം കൂടി പക്ഷെ പാരലൗകിക ഫലങ്ങൾ സ്വർഗം പോലെയുള്ളതിലെങ്കിലും അത് വിശ്വസിക്കാൻ എങ്ങനെ വിശ്വസിക്കും മരിച്ചതിന് ശേഷം അവ സ്വർഗം കിട്ടുന്നു ശരി ഒരു മൂഢനാണെങ്കിലും ഞാൻ വിശ്വസിക്കും ശരി പരോവിധം പറഞ്ഞു ത്യാഗം ജീതാൻ പറ്റുന്നതിന് ശ്രമം കിട്ടും ഞാനതി വിശ്വസിക്കുന്നു വിശ്വസിച്ചത് ചെയ്തു യാതൊരു ഉറപ്പുള്ള കാര്യമില്ല ജീവിച്ചിരിക്കുമ്പോൾ പോലും ഉറപ്പാക്കാൻ പറ്റി പുരോഹിതന്റെ വാക്കല്ല അത് വിശ്വസിച്ച് അത് മൂഢ മനുഷ്യനെ അതും മതി ചിന്തിക്കുന്നവനാണെങ്കിലോ ചിന്തിക്കുന്നവനോട് പ്രമാണം അവൻ ചോദിച്ചു എന്താ പ്രമാണം ഇങ്ങനെ ഉണ്ടെന്നുള്ളതിനാണ് അവിടെ അർത്ഥാപത്തി യുക്തി അനുപത്യവും അവനോട് പറയും നീ യാഗം ചെയ്ത് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരാത്മാവുണ്ടായതിനെ പറ്റും അത് നശിക്കാത്ത ആത്മാവാണ് അപ്പോൾ ആത്മാവുണ്ടെന്ന് വേദത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ വേദത്തിൽ നിനക്ക് വിശ്വാസമാണല്ലോ അപ്പോൾ ആത്മാവ് നശിക്കുന്നു നീ നിന്റെ ശരീരം നശിക്കുമ്പോൾ അത് നശിക്കുന്നു അങ്ങനെ ഒരു ആത്മാവുണ്ട് ആത്മാവ് ഉള്ളത് കൊണ്ട് മരണശേഷം നിനക്ക് സ്വർഗത്തിച്ച് പോകാൻ പറ്റും കാരണം ആത്മാവ് പോകുന്നു അവിടെ നിനക്ക് നല്ലവണ്ണം ഇതാണ് അന്യദാനം വൃത്തി ഈ യുക്തിയും വേദവിശ്വാസവും എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് അവന് ഒരു തരത്തിലുള്ള ഒരു ബോധ്യപ്പെടലുണ്ട് അതൊരു ബോധ്യപ്പെടലാണ് ശരി എന്നാൽ പിന്നെ ചെയ്യാം ഈ പറയുന്നതിലൊരു കാര്യമുണ്ടല്ലോ വേദത്തിൽ എന്തായാലും ആത്മാവിനെ കുറിച്ച് പറഞ്ഞു ഈ ആത്മാവുണ്ടായാലേ മരിച്ചു കഴിഞ്ഞാൽ ഫലം കിട്ടത്തുള്ളൂ ആ പറയുന്നതിലും ഒരു യുക്തിയുണ്ട് യാക അങ്ങനെയാണ് അനൂപതയുടെ പ്രവർത്തനം അപ്പൊ അവിടെ രണ്ടും വേണം ഒന്ന് അനുഭൂതി മറ്റൊന്ന് ശാസ്ത്രബലം എന്നാണ് ഇവിടെ പറയുന്നത് അല്ല ഏതുകൊണ്ടാണ് അതിരക്തമായ ഒരു ആത്മാ ഉണ്ടെന്നറിയുന്നതിന് രണ്ടും വേണം ആ വിഷയത്തെ കുറിച്ചുകൂടെ ചർച്ച ചെയ്യുന്നില്ല തീരുമാനിച്ച കാര്യമായിരുന്നു പിന്നീ ആത്മാവിന്റെ യഥാർത്ഥ ജ്ഞാനത്തിൽ അതാണ് കൂടെ ചർച്ച ചെയ്യുന്നത് കാമാധികാരെ കർമ്മങ്ങൾ ചെയ്യുന്നിടത്ത് സ്വർഗം ഇതിനെല്ലാം ഉദ്ദേശിക്കുന്നിടത്ത് ആത്മാവിന്റെ യഥാർത്ഥ ജ്ഞാനം വേണം വേണ്ട അവിടെ ആത്മജ്ഞാനം മതി അതാണ് സമർത്ഥിക്കുന്നത് യഥാർത്ഥമായ ജ്ഞാനം വേണം എന്ന് പറഞ്ഞാൽ എന്ത് അനുപത്തി കൊണ്ടാണ് അർത്ഥാപത്യ പ്രമാണം കൊണ്ടാണോ അഥവാ സുഖി പ്രമാണം കൊണ്ടാണ് രണ്ടായൊന്നും ആവശ്യമില്ല ഇവിടെ ആത്മാഅ അതിരിതമായ ആത്മാവുണ്ടെന്നറിഞ്ഞാൽ മതി അതിന് ഇതൊക്കെ ഉപയോഗിക്കും അർത്ഥാപത്തിയും ശ്രുതിയെല്ലാം ഉപകരിക്കും ആത്മാവിൻ്റെ ശരിയായ ജ്ഞാനത്തിൽ നിന്നാവശ്യം ഇതോടെ പറയും രണ്ട് ഭാഗവും പറയും ഇതാണ് കാമാധികാരെ യാഥാത്മ്യ നിശ്ചയതാമാധികാരത്തിൽ ആത്മാവിൻ്റെ യഥാർത്ഥ ജ്ഞാനം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിഷേധിക്കാൻ വേണ്ടി അത് അനൂപത്തി കൊണ്ടാണോ അർത്ഥാപത്യ പ്രമാണം കൊണ്ടാണോ അത് ശാസ്ത്രപരം കൊണ്ടാണോ അല്ലാന്ന് ചോദ്യമാണ് ഇതെല്ലാം കാമാധികാരത്തിൽ കാമികർമ്മങ്ങൾ ചെയ്യുന്നതിന് ഇതെല്ലാം വേണ്ടി ശരീരത്തിൽ നിന്ന് വേറിട്ടൊരാത്മാവുണ്ടെന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ആത്മാവിന്റെ യാഥാർത്ഥ്യം അറിയുന്നതിന് വേണ്ടിട്ട് ആത്മാവിന്റെ യാഥാർത്ഥ്യം അറിയുന്നവൻ ആത്മാവിനെ സാക്ഷാത്കരിക്കുന്നവൻ പോകുന്നത് സ്വർഗത്തിലേക്കല്ല വൈകുണ്ഠത്തിലേക്കാണ് പരമധാമം എന്നോട് പറഞ്ഞു എവിടെയാണ് പോകുന്നത് സ്വർഗത്ത് പോകുന്നതിന് വേണ്ടിയിട്ടാണ് കേവലമായ ആത്മാവിനെ കുറിച്ചുള്ള വൈകുണ്ഠത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ അത് യഥാർത്ഥ ജ്ഞാനം വേണം അത് പറയാനാണ് ഈ പറഞ്ഞു വല്ലത് ആത്മജ്ഞാനം രണ്ടു തരത്തിലുണ്ട് എന്നോട് പറയും ഇത് രാമാനുജാചാര് മാത്രമല്ല എല്ലാവരും ഒന്ന് യഥാർത്ഥ ജ്ഞാനം മറ്റൊന്ന് അതിരിക്തജ്ഞാനം യഥാർത്ഥ ജ്ഞാനമാണ് ഇവിടെ വേണ്ടത് മോക്ഷത്തിന് വേണ്ടി പക്ഷെ കർമ്മങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ അതിരിക്തജ്ഞാനമാണ് അജ്ഞാനം അപൂർണമാണ് അതാണ് ഇവിടെ പറയുന്നത് എങ്ങനെയാണ് ഞാനുണ്ടാകും അതാണ് ഞാൻ ഇവിടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് യുക്തിയിലൂടെയും ശാസ്ത്രപ്രമാണത്തിനൂടി യഥാർത്ഥം ഞാൻ എങ്ങനെയുണ്ടാകുന്നു അത് യുക്തിയിലൂടെയും ശാസ്ത്രപ്രമാണത്തിനൂടി രണ്ടും പ്രവർത്തിക്കുന്ന രണ്ടു തലത്താണ് സ്വർഗത്തിന് വേണ്ടിയാണെങ്കിൽ അതിരിക്ത ഞാൻ മോക്ഷത്തിന് വേണ്ടിയാണെങ്കിൽ യഥാർത്ഥം ഞാനും അതാണ് ഇവിടെ പറയുന്നത് കർമ്മകാണ്ഡത്തിൽ അവർക്ക് ആത്മാവിന്റെ യഥാർത്ഥ ജ്ഞാനം വേണ്ട ഇതാണ് രാമാനുചാരിൽ പറയുന്നത് ആത്മാവുണ്ടെന്ന് അറിഞ്ഞാമതി അപ്പൊ ഇതൊരു വളരെ വിപുലമായ ഒരു വിഷയത്തെ അവിടെ സംഗ്രഹിച്ചു പറയുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള വിശദീകരണം പോരാറുണ്ട് ഇവിടെ ആത്മാവിന്റെ യഥാർത്ഥമായ ജ്ഞാനം കർമ്മത്തിനാവശ്യമാണ് യഥാർത്ഥ ജ്ഞാനം ഇങ്ങനെ അർത്ഥാപത്യ പ്രമാണത്തിലൂടെയാണോ ഉണ്ടാകുന്നത് ആ ഒരു ഭാഗത്ത് മാത്രം അടുത്ത അടുത്ത് ചർച്ച ചെയ്യുകയാണ് ന പ്രഥമ പൂർവ്വത്ര കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുമ്പോൾ ആത്മാവിന്റെ യഥാർത്ഥ ഞാനും വേണം കഥാപത്തി എന്ന് പറയുകയാണെങ്കിൽ അതാണ് പൂർവത്ര എന്നത് യാഥാത്മ്യ നിശ്ചയാഭാവികം സൃഗാവി ഫലേച്ച മനസ് ഒരാൾക്ക് കർമ്മം ചെയ്യണം സ്വർഗത്തിൽ പോകണം ആത്മാവിനെ ശരിക്കറിഞ്ഞാലേ അതൊക്കെ ചെയ്യും അങ്ങനെയുണ്ട് സ്വർഗത്തിൽ പോകാൻ വേണ്ടി കർമ്മം ചെയ്യുന്ന ആരാണ് സ്വർഗഫലത്തിൽ ആഗ്രഹം ആത്മാവിനെ ശരിക്കറിഞ്ഞാലേ സ്വർഗഫലത്തിൽ ആഗ്രഹം ഉണ്ടാവും അതാണ് ചോദിക്കുന്നത് വേണ്ടെന്ന് സമാനം ആത്മാവിനെ ശരിക്കൊന്നും അറിയില്ല ആത്മാവിനെ അറിഞ്ഞാൽ ആത്മാവിനെ ശരിക്കറിഞ്ഞാൽ പിന്നെ സ്വർഗത്തിലല്ല പോകുന്നവന് അപോർക്കമാണ് വ്യത്യാസം വെച്ചുകൊണ്ടാണ് ഇവിടെ കുറയുന്നത് അതിന്റെ ആശയം നമ്മൾ മനസ്സിലാക്കിയാണ് ഈ വ്യത്യാസം പൂർവത്രാവി യാഥാത്മ്യ നിശ്ചയാ ഭാവി ആത്മാവിനെ ശരിക്കറിഞ്ഞില്ലക്കും സ്വർഗഫലനിശ്ചയത് സ്വർഗഫലത്തെക്കുറിച്ച് ആഗ്രഹം ഉണ്ടാകത്തില്ല സ്വർഗഫലത്തെക്കുറിച്ച് ആഗ്രഹം ഉണ്ടാകാൻ ആത്മാവുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രം ആത്മാവിനെ ശരിക്കറിയില്ലെന്നാണ് ഇവിടെ പറഞ്ഞു തരുന്നത് അപ്പൊ ആത്മാവിനെ അറിയുക എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രചാരത്തിലിരിക്കുന്ന ആത്മ സാക്ഷാത്കാരം എന്നൊരർത്ഥമൊന്നും കൂടെയില്ല കാരണം സ്വർഗത്തിൽ പോയവരോ ആത്മാവിനെ അറിഞ്ഞിട്ടുതന്നെ പോയി അവിടെ പ്രത്യേകിച്ച് ഒരു ആത്മസാട്ടാക്കരോന്ന് സംഭവിച്ചു അവരുടെ വേദത്തിൽ നിന്നും യുക്തിയിലൂടെ അവരറി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരാത്മാവിശേഷിക്കും അങ്ങനെ ഒരു ആത്മാവിശേഷിക്കുന്നതുകൊണ്ട് എനിക്ക് സ്വർഗം കിട്ടും ഇത്ര അറിഞ്ഞാൽ മതി അപ്പൊ മറ്റു മതങ്ങളെയൊക്കെ നോക്കുക ഉടയുന്നത് പോലെ വളരെ വിശദമായി ആത്മാവെന്താണ് ആത്മാവിന്റെ സ്വരൂപം എന്താണ് അനിത്യമാണോ അനിത്യമാണോ ഇങ്ങനെയുള്ള ഗഹനമായ ചർച്ചകൾ പക്ഷെ അവരെല്ലാവരും ആത്മാവിൽ വിശ്വസിച്ചിട്ട് സ്വർഗ്ഗത്ത് പോകാൻ വേണ്ടി അതാത് മതങ്ങളിൽ പറയുന്ന ആത്മീയ ജീവിതം അവരെ നല്ലതായാലും മോശമായാലും ആത്മാവുണ്ടെന്നറിഞ്ഞാൽ മതി അവരുടെ അപ്പൊ അവർക്കെന്താ ആഗ്രഹം ഇല്ലേ സ്വർഗത്തിൽ പോണമെന്നുണ്ട് ആത്മാവിന്റെ യാഥാർത്ഥ്യം അറിയണമെന്നുള്ള നിർബന്ധമൊന്നും അവർക്കില്ലല്ലോ അത് സ്വർഗത്ത് പോകുന്നുണ്ട് അപ്പൊ ആത്മാവ് ഉണ്ടെന്ന് അറിഞ്ഞാ മതി ഒരാൾ കർമ്മം ചെയ്ത് സ്വർഗത്ത് പോകും എന്നാണ് കൂടെ പറയുന്നതെന്ന് ശരിക്കും ഉദ്ധത്ത സാധനാനുഷ്ഠാനം ചോദിക്കുന്നു ഇനി ആത്മാവിനെ ശരിക്കറിഞ്ഞില്ലെങ്കിൽ ഒരാൾ യാഗത്തിൽ യാഗം ചെയ്യാതിരിക്കുന്നു അങ്ങനെയും ആത്മാവിനെ ശരിക്കറിഞ്ഞില്ലെങ്കിലും ആത്മാവുണ്ടെന്നറിഞ്ഞാൽ തന്നെയാണ് യാഗത്തിൽ പ്രവർത്തിച്ചത് കാരണം സ്വർഗത്തിൽ പോകാൻ അത്രയും മതി ഇനി അയാള് ഉദത്തസാധനാനുഷ്ഠാനം നസ്യാ ആത്മാവിനെ ശരിക്കറിഞ്ഞില്ലെങ്കിൽ അയാള് യാഗം ചെയ്യാതിരിക്കുന്നു ഉദത്ത ഫലാനുഭവം ഇനി ആത്മാവിനെ ശരിക്കറിഞ്ഞില്ലെങ്കിൽ അയാൾക്ക് സ്വർഗാനുഭവം ഉണ്ടാകത്തില്ല ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അങ്ങനെയൊന്നും അല്ലെന്നാണ് സ്വർഗത്തിൽ ആഗ്രഹം ഉണ്ടാകുന്നതിന് യാഗം ചെയ്യുന്നതിന് സ്വർഗഫലം അനുഭവിക്കുന്നതിനൊന്നും ആത്മാവനുസരിച്ചറിയേണ്ട ആവശ്യമില്ല ആത്മാവുണ്ടെന്നറിഞ്ഞാൽ മാത്രമു അപ്പൊ അതാണ് ഇവിടെ പ്രധാനം വേദത്തിൽ പൂർവകാണ്ടത്തിൽ വൈദികന്മാർ മനുഷ്യരെ കൊണ്ട് വൈദികന്മാരെ വെച്ചാൽ വൈദിക പുരോഹിതന്മാര് അന്നത്തെ മനുഷ്യരെ കൊണ്ട് യാഗം പോലെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യിച്ചത് ആ ശരീരം നശിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആത്മാവുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചിട്ടാണ് അല്ലാതെ അവരോ അല്ലെങ്കിൽ ഈ കർമ്മം ചെയ്യുന്നവരോ ആരും തന്നെ ആത്മാവിനെ സാക്ഷാത്കരിച്ചിട്ടല്ല ഈ സാക്ഷാത്കാരം പോലെയുള്ള കാര്യങ്ങളെല്ലാം വന്ന് പിൽക്കാലത്ത് എന്നാണ് കൂടെ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം അപ്പോ ആ ഒരു ആത്മാവിനെ കുറിച്ച് അവർക്ക് അറിവുണ്ടായത് പ്രത്യേകം വേദനവര് സാക്ഷാത്കാരത്തിന്റെ ഫലമായിട്ടുണ്ടാവും വേദമെന്ന് പറയുന്നതിനവർ വിശ്വസിച്ചത് കൊണ്ട് അവരുടെ സാമാന്യ ബുദ്ധി ഉപയോഗിച്ചിട്ട് വേദത്തിൻ്റെ വിശ്വാസത്തിൽ നിന്നതുകൊണ്ട് എനിക്ക് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടണമെങ്കിൽ ഞാൻ നശിച്ചാലും നശിക്കാത്ത ഞാൻ മരിച്ചാലും മരിക്കാത്ത ഒരാത്മാവുണ്ടായിരിക്കണം എന്നുള്ള ഒരു സാമാന്യ യുക്തി ആ യുക്തിയെ അവനെ ബോധിപ്പിക്കുന്നതിൽ ഓരോ ഇതിലും വിജയിച്ചു അന്നുകൊണ്ടാണ് അതുകൊണ്ടാണ് ചെയ്തത് അപ്പോൾ ആത്മജ്ഞാനം എന്ന് പറയുന്നത് ഈ പറയുന്ന പൂർവ്വകാണ്ടത്തിൽ ആത്മജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പറയുന്ന സാക്ഷാത്കാരമോ അല്ലെങ്കിൽ ഇന്ന് പറയുന്ന സാധന ചതുഷ്ടയോ സമ്പത്തിയോ ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളോടെ ഓരോജൻ പറഞ്ഞുകൊടുത്തു അവൻ അതിനീകരിച്ചു വിശ്വസിച്ചു പിന്നീട് ഉപനിഷത് കാലം വന്നപ്പോഴാണ് ആത്മാവിനെ കുറിച്ചുള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം ഉള്ളത് പിന്നീട് വ്യാഖ്യാനകാലം വന്നപ്പോഴാണ് ആത്മാവിനെ കുറിച്ചുള്ള പലതരത്തിലുള്ള സിദ്ധാന്തങ്ങളും ഉണ്ട് ഇതെല്ലാം കാലക്രമികൾ ക്രമത്തിൽ സംഭവിച്ചാണ് എന്നുവെച്ചാൽ നമ്മുടെ ഈ ചിന്തകൾക്കെല്ലാം ഒരു ചരിത്രമുണ്ട് അതിനെ കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞിരിക്കും എന്ന് പറയാൻ വേണ്ടി പറഞ്ഞത്